ദ്യം പറഞ്ഞ ജിജ്ഞാസാധികരണം അധികരണം എന്ന് പറയുമ്പോ ക്ഷോത്തരം പ്രയോജന സംഘാസ്ത്രം വിഷയോ വിശേഷിച്ചവർ അധികരണത്തിൽ അഞ്ച് ഭാഗങ്ങൾ വേണം എന്തൊക്കെയാണോ വിഷയം ഇവിടെ ആദ്യത്തെ അധികരണത്തിന്റെ വിഷയം ബ്രഹ്മം തന്നെ സംശയം വിശയം വെച്ച സംശയം ഇവിടുത്തെ സംശയം വരുന്നത് ഈ ഇങ്ങനെ ഒരു മീമാംസാ ശാസ്ത്രം ആരംഭിക്കണോ വേണ്ടേ അതാണ് ഇവിടുത്തെ സംശയം പിന്നെ പറയുന്നു പൂർവക്ഷം ആ പൂർവക്ഷമാണ് ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് അത് കഴിഞ്ഞടുത്ത് എന്റെ സമാധാനവും വരും ഇങ്ങനെയുള്ള നിരവധി അധികരണങ്ങൾ ചേരുന്നതാണ് ബ്രഹ്മസൂത്രം അതിന് ഓരോ അധികരണങ്ങളായിട്ട് ചർച്ച ചെയ്യും ഇവിടെ ആദ്യത്തെ അധികരണത്തിൽ ഒരു സൂത്രം വേണു അതാദോ ബ്രഹ്മു വരുന്ന അധികരണങ്ങളിൽ കൂടുതൽ സൂത്രങ്ങൾ വരും വിഷയം അവിടെ എടുത്ത് അത് പൂർണ്ണമായും ചർച്ച ചെയ്യും ഒരു അധികരണത്തിൽ അപ്പോൾ ഇവിടെ പറഞ്ഞെന്താണ് സ്വാധ്യായോ അധ്യേതവ്യ എന്ന് പറയുന്ന ഒരു വിധിയുണ്ട് അത് അനുസരിച്ച് പൂർവകാന്ഡം ചേർ അധ്യയനം ചെയ്യുന്നു ഉത്തരകാണ്ഡവും അധ്യയനം ചെയ്യുന്നു അപ്പോൾ രണ്ടും അധ്യയനം ചെയ്യുന്ന എന്താണ് പൂർവകാന്ഡത്തിനാണെങ്കിൽ കർമ്മവിധികളും നിഷേധങ്ങളുമാണ് ഉള്ളത് രണ്ടിടത്തും ഫലവതർത്ഥവബോധം ഫലവത്തായ ഫലമുള്ളതായ അർത്ഥബോധം അത് പൂർവ്വകാണ്ഡായാലും ഉത്തരകാണ്ടായാലും ഇത് വേദമാണ് അപ്പോ ഈ വിധയിലെ താല്പര്യം എന്ന് പറയുന്നത് എന്താണ് ഫലവത്തായ അർത്ഥവബോധമാണ് രണ്ടേ താൽപര്യം കാരണം ഏതാണ് രണ്ടു പൂർവാണ് ഉപനിഷത്ത് പൂർവാണ്ടോ എന്ന് പറയുന്നത് കർമ്മകാന്ഡം യശിഷ്ടം ഇവ വേദാന്താനം അർത്ഥപരത്വം ഔസർഗിക്കും നേരത്തെ പറഞ്ഞു ഈ ഉപനിധികൾക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാതെ കർമ്മം ചെയ്യുമ്പോൾ അവിടെ ജപിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തിനാ ജപിക്കുന്നതെന്ന് ചോദിച്ചാൽ ജപിച്ചാൽ അധികം അദിഷ്ടമാണ് കർമ്മത്തിന് ഫലം ഉണ്ടാകുന്നതിന് ജപ സഹായി അതിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു പക്ഷെ പറയുന്നു അങ്ങനെയല്ല സ്വാധ്യായോ അധ്യേതവ്യാന്ന് പറയുമ്പം കേവലം അക്ഷരഗ്രഹണത്തിന് വേണ്ടിയിട്ടല്ല അർത്ഥബോധത്തിന് വേണ്ടിയിട്ടാണ് അതാത് വേദശാഖകൾ അധ്യയനം ചെയ്യാൻ വേദം പറഞ്ഞിരിക്കുന്നു അപ്പോ പൂർവമീമാംസയില നിയമമാണ് അവിശിഷ്ടസ്തു വാക്യാർത്ഥ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ വേദവാക്യത്തിൻ്റെ അർത്ഥങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അനേക പദങ്ങൾ കൂടി ചേരുന്നതാണ് ഒരു വാക്യം വാക്യാർത്ഥത്തെ എങ്ങനെ തീരുമാനിക്കും എന്നുള്ളതാണ് അവിടെയാണ് പറയുന്നത് അവിശിഷ്ടം തുല്യമാണോ ബാക്യാർത്ഥത്തെ തീരുമാനിക്കുന്നിടത്ത് ലോകത്തിൽ എങ്ങനെയാണോ പദങ്ങളുടെ അർത്ഥം ഇതേ അർത്ഥം തന്നെയാണ് വേദത്തിൽ പദങ്ങളുടെ അർത്ഥത്തിൽ എടുക്കുന്നത് അതാണ് എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയാണോ പദ പദങ്ങളുടെ അർത്ഥത്തെ തീരുമാനിച്ചു വാക്യർത്തിന്റെ അർത്ഥത്തെ മനസ്സിലാക്കുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് വേദത്തിലും അർത്ഥബോധം ഉണ്ടാകുന്നത് അല്ലാതെ വേദത്തില് അങ്ങനെ അല്ലാതെ വേറെ വിശേഷിച്ചുള്ള ഒരു അർത്ഥമൊന്നുമല്ല ലോകത്തിൽ എങ്ങനെയാണോ അർത്ഥബോധം ഉണ്ടാക്കുന്നത് അതേ ന്യായങ്ങളനുസരിച്ച് തന്നെ വേദത്തിൽ നിന്നും എന്ന് പറഞ്ഞാൽ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്തർത്ഥം മനസ്സിലാവണം ബ്രഹ്മം സത്യമാണ് ജ്ഞാനമാണ് അനന്തമാണ് ആനന്ദമാണ് അർത്ഥം തന്നെ എടുക്കണം കാരണം സത്യം ഞാനോ ആനന്ദം എന്നൊക്കെ പറയുന്നത് ലോകത്തിലും പ്രയോഗിക്കുന്ന ശബ്ദങ്ങളാണ് ഓ ഇതേ അർത്ഥം തന്നെ വേദത്തിൽ വന്നാലും അതേ അർത്ഥം തന്നെ എടുക്കുന്നു അവിടെ ലോകത്തിൻ്റെ ഇത്തരം അർത്ഥങ്ങൾ പ്രസിദ്ധമായതുകൊണ്ട് ഇത്തരം അർത്ഥങ്ങൾ തള്ളിക്കളയാൻ പാടില്ല തള്ളിക്കളഞ്ഞിട്ട് അതൊക്കെ കേവലം അർത്ഥകമാണോ അത് ജപിക്കാനുള്ളതാണോ അങ്ങനെ പറയാൻ പാടില്ല ഇനി വേദത്തിൽ തന്നെ സംഹിതാഭാഗമുണ്ട് കർമ്മകാണ്ടങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് അവിടെ എന്താണോ വാക്യങ്ങളുടെ അർത്ഥം അതേ രീതിയിൽ തന്നെയാണോ പുരുഷത്തിന്റെ വാക്യങ്ങളുടെ അർത്ഥം എടുക്കേണ്ടത് ഇപ്പൊ വേദത്തിലെ പൂർവ്വകണ്ഡത്തിൽ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം എടുക്കുന്നു അത് എന്നാ ഉത്തരകാണ്ഡത്തിൽ ആത്മാവെന്ന് വന്നാലും എടുക്കണം ഇപ്പ അങ്ങനെ ആത്മാവെന്നൊരു ശബ്ദമുണ്ടെങ്കിൽ ഉത്തരകാണ്ഡത്തിലും പൂർവകാന്ഡത്തിലും അതിനർത്ഥം തന്നെ എടുക്കും പിന്നെ പൂർവ്വാണ്ഡത്തിൽ കർത്താവും ഭോക്താവും എന്നാണ് പറയണെങ്കിൽ അർത്ഥം കൊടുക്കണം ഉത്തരകാണ്ഡത്തിൽ അകർത്താവും അഭോക്താവും ആ അർത്ഥം കൊടുക്കണം അർത്ഥം മനസ്സിലാക്കുന്ന ആ രീതി ന്യായങ്ങൾ രണ്ടിടത്തും തുല്യമാണ് എന്നാണ് വ്യത്യസ്തമായ അർത്ഥങ്ങളുള്ള ശബ്ദങ്ങള് വരാം അതെല്ലാം വരാം പക്ഷെ ലോകത്തിൽ പ്രയോഗിക്കുന്ന എന്താണ് വാക്കുകളുടെ അർത്ഥം വേദത്തിൽ ആ വാക്കുകൾ വന്ന് അവിടെയും ആർത്ഥം തന്നെ എടുക്കണം അതാണ് ഈ പറയുന്നത് അവിശിഷ്ട പ്രയോഗിക്കാത്ത ഒരു വാക്കാണോ വേദത്തിൽ വരാണെങ്കിൽ അവിടെ അതിന്റെ അർത്ഥം കൊടുക്കാം പറയുന്നു പൂർവക്ഷി പറയുന്ന അവിശിഷ്ടസ്തു വാക്യാർത്ഥൈ ന്യായ മന്ത്രാണാം ഇവ മന്ത്രാണമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പൂർവകാന്ഡത്തിലെയും മറ്റും മന്ത്രങ്ങൾ വേദാന്താനാം വേദാന്തങ്ങൾക്ക് വന്നാണ് അർത്ഥപരത്വം അർത്ഥം ആണ് അതിന്റെ താല്പര്യം അതിന്റെ താല്പര്യം അതിന്റെ അർത്ഥത്തിലാണെന്നുള്ളത് ഔസർഗിക്കുന്നു സാമാന്യമായിട്ട് എടുക്കണം അപ്പൊ പൂർവകണ്ഡമായാലും ഉത്തരകണ്ഡമായാലും അതെല്ലാം അർത്ഥമുള്ളതാണ് നിരർത്ഥക ശബ്ദമല്ല എന്നാണ് വേദാന്തം ഉപനിഷത്തിനെ ഉദ്ദേശിക്കുന്നു ഉപനിഷത്തുകളിൽ വന്നു അവിടെ എന്താ പറയുന്നത് ചൈതന്യ ആനന്ദ ചൈതന്യവും ആനന്ദവും മാത്രമായ ഖനമൊന്ന് ചെയ്യവോ ചൈതന്യ ആനന്ദ മാത്രമായ കർത്തൃത്വക്തൃത്വരഹിതോ കർത്തൃത്വവും ഭോക്തൃത്വവും ഇല്ലാത്തതായ നിഷ്പ്രപഞ്ച പ്രപഞ്ചരഹിതമായ ഏക ഏകമായ പ്രത്യേക ആത്മാവകമ്പിനെ അത് വംശത്തി എന്ന് മനസ്സിലാക്കാം അതാണ് വംശത്തിൽ പറയുന്ന അങ്ങനെ ഒരു ആത്മാവിനെ കുറിച്ചാണ് തഥാപി എങ്കിലും കർത്തൃത്വഭോക്തൃത്വസുഖദുഖോകോഹമയം ആത്മാനം അവഗാഹന ഇപ്പോ ഉപനിഷത്തിൽ അങ്ങനെയാണ് പറയുന്നത് അകർത്താവായ സച്ചിദാനന്ദരൂപമായ ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത് പക്ഷേ അഹം പ്രത്യയം അഹംബോധം എന്തിനാ ബോധിപ്പിക്കുന്നത് അഹംബോധം ബോധിപ്പിക്കുന്നത് കർത്തൃത്വഭോക്തൃത്വം കർത്തൃത്വം കർത്താവും ഭോക്താവുമായ ആത്മാവിനെയാണ് ബോധിപ്പിക്കുന്നത് ദുഃഖശോകമോഹം ദുഃഖം ശോകം മോഹമയം മായ ആത്മാവിനെയാണ് എന്ത് അവഗാഹമാണ് എന്നാ അതിനെ വെളിപ്പെടുത്തുന്നതാണെന്ത് അഹം പ്രഖ്യാപിച്ച അഹമ്മെന്ന് പറയുന്ന ബോധത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ കർത്താവാണെന്ന് മനസ്സിലാക്കുന്നു ഞാൻ ഭോക്താവാണെന്ന് മനസ്സിലാക്കുന്നു ഞാൻ സുഖിയാണെന്ന് മനസ്സിലാക്കുന്നു ഞാൻ ദുഃഖിയാണെന്ന് മനസ്സിലാക്കുന്നു അവിടെ ഇങ്ങനെയുള്ള ആത്മാവിനെ അറിയുന്നത് കാരണം തന്നെ താൻ എങ്ങനെ അഹമെന്നാണ് അപ്പം അഹം ഞാൻ എങ്ങനെയുള്ളവനെന്നറിയുന്നു കർത്താവായും എന്തോ പറയട്ടെ വൻഷത്തിന് ഇതിനേക്കാൾ നിഷേധിക്കുന്നുണ്ട് പക്ഷെ താൻ തന്നെ അറിയുന്നെങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പ്രത്യേക സന്ദേഹ ബാധ വിരഹിണ പിന്നെ അത് ആർക്കും സംശയ സന്ദേഹം ഉണ്ടാകാറില്ല ഞാൻ സുഖിയാണോ ദുഃഖിയാണോ എന്നിടത്ത് ആർക്കും പിന്നെ അതിന് ബാധയില്ല ഞാൻ സുഖിയല്ല ദുഃഖിയല്ല അങ്ങനെ ഒരു അനുഭവം എല്ലാവരും അറിയുന്ന എങ്ങനെയാണ് ഞാൻ സുഖിയാണ് ദുഃഖിയാണ് അപ്പൊ ഈ അനുഭവത്തിന് അഹം പ്രത്യേകത്തിന് സന്ദേഹവും ഇല്ല ബാധയില്ല അതിനെ നിഷേധിക്കുന്ന ഒരു അനുഭവമില്ല അങ്ങനെയുള്ളാണ് ഈ അഹംപ്രത്യ അങ്ങനെയുള്ള അഹം പ്രത്യേകന ബാധയില്ലാത്ത ഗ്രഹമൊന്നിച്ച് ഇല്ലാതിരിക്കും വിരുദ്ധ്യമാനാ വേദാന്ത പക്ഷെ ഇതിന് നേരെ വിരുദ്ധമാണെന്ത് വേദാന്തം അഹം പ്രത്യയം എങ്ങനെയാണോ തന്നെ കുറിച്ച് തന്നെ ബോധിപ്പിക്കുന്നത് അതിന് നേരെ വിരുദ്ധമാണെന്ത് വേദാന്തം ഇത് രണ്ടും പരസ്പര വിരുദ്ധമായി അണുപൂർവക്ഷം പറയുന്നത് അഹം പ്രത്യം എന്ന് പറയുന്നത് ശരിക്കും കർത്തവായും ഭോക്താവായും മനസ്സിലാക്കുന്നു അവിടെ അക്കാര്യത്തിൽ റിയുന്നവർക്ക് സംശയവും ഇല്ല ഈ അനുഭവത്തിന് ബാധയുമില്ല പക്ഷെ വേദാന്തമാണെങ്കിലോ നേരെ വിരുദ്ധമായി വേദാന്തം ബോധിപ്പിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള വേദാന്തം സ്വാർത്ഥാത് പ്രച്യുതാഹ സ്വാർത്ഥത്തിൽ നിന്നത് വഴി പോകും അവിടെ സ്വാർത്ഥത്തെ ഗ്രഹിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് അത് അഹം അനുഭവത്തിന് വിരോധമാണ് എവിടെ പറയുന്നത് പറയുന്നു അഹാനുഭവമായിട്ടത് യോജിക്കുന്നില്ല അതാണ് സ്വാർത്ഥാത് പ്രത്യുത ഉപചരിതാർത്ഥാവ അതുകൊണ്ട് എന്തെടുക്കണം അത് ഗൌണമായ അർത്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് ഏതിന വിരുദ്ധമായിരിക്കുന്നു എന്നാണോ പറഞ്ഞത് എന്താ കേട്ടോണ്ടിരിക്കുന്നത് എന്താ പറയുന്നു എന്തിനാ വിരുദ്ധമായിരിക്കുന്നു ഉം അഹം അനുഭവത്തിന് വിരുദ്ധമായിരിക്കുന്നു യാത് വിരുദ്ധമായിരിക്കുന്നു ഉപനിഷത്തിൽ പറയുന്ന ആത്മതത്വം നമ്മുടെ അനുഭവത്തിന് വിരുദ്ധമായിരിക്കുന്നു അപ്പൊ അനുഭവം എങ്ങനെയാന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല അനുഭവം ഞാൻ സുഖിയാണ് ദുഃഖിയാണ് ഞാൻ കർത്താവാണ് ഞാൻ ഭക്താവാണ് ഈ അനുഭവത്തിന് വിരുദ്ധമാണ് ഉപനിഷത്ത് പറയുന്നത് അതുകൊണ്ട് അനുഭവത്തിന് വിരുദ്ധമായത് പൊതുവെ മനുഷ്യൻ അങ്ങനെയാണല്ലോ അനുഭവത്തിനാണ് പ്രമാണ കൊടുക്കുന്നത് അനുഭവ വിരുദ്ധമായ ഒന്നിനി സ്വീകരിക്കുന്നില്ല അപ്പം അനുഭവത്തിന് വിരുദ്ധമായത് കൊണ്ട് എന്താണ് ഉപചരിതാർത്ഥ ഗൗണമായിട്ട് എടുക്കണം അതിനെ അതിനെ വംശത്തിന് പറഞ്ഞിരിക്കുന്ന ആത്മതത്വം വംശത്തിന് തന്നെ ജപം ഉപയോഗിനോ വാ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന എന്തിനാണോ അതിന് പ്രത്യേകിച്ച് കർമ്മകാണ്ഡത്തിന് അതിർഷ്ടത്തിന് വേണ്ടി ജപിക്കുന്നതാണ് അപ്പം ജപം എപ്പോഴും അങ്ങനെയാണ് ഇപ്പോൾ സാധാരണ ആൾക്കാർ ജപിക്കാറുണ്ടല്ലോ മന്ത്രങ്ങളൊക്കെ ജപിക്കില്ലേ ഇതൊക്കെ അതിർഷ്ടത്തിന് വേണ്ടി എന്നുള്ളതാണ് അത് വേദത്തിൽ നിന്ന് വന്നതാണ് വേദത്തിൽ ഇങ്ങനെ ഉപയോഗമില്ലാത്ത മന്ത്രങ്ങളെയൊക്കെ എന്തു ജപിക്കും അതുകൊണ്ട് അതിർഷ്ടമുണ്ടാകും പുണ്യം അതാണ് പിന്നീട് ലോകത്തിൽ വന്നപ്പോഴും മനുഷ്യരെന്തു ചെയ്തു ഓരോ മന്ത്രങ്ങളൊക്കെ ഇരുന്ന് ജപിക്കും എന്തായി ജപിക്കുന്നതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് അതിഷ്ടം പുണ്യം ഉണ്ടാകുമെന്നും പറഞ്ഞു ഈ പുണ്യം എങ്ങനെയിരിക്കും അത് അത് അതീന്ദ്രിയമാണ് പക്ഷേ പുണ്യം ഉണ്ടാകുമെന്നുള്ള വിശ്വാസം അങ്ങനെ ജപമാത്ര ഉപയോഗനോ വീ അവിവക്ഷിതസ്വാർത്ഥാഹ അതുകൊണ്ട് ഈ ഉപനിഷത്തുകളുടെ ഒന്നും അർത്ഥം വിവക്ഷിതമല്ല അങ്ങനെയൊക്കെ എന്താണ് നേരത്തെ പറഞ്ഞല്ലോ അവിശിഷ്ടത്വ വാക്യാർത്ഥം ഇപ്പൊ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്നൊക്കെ അർത്ഥമുണ്ടല്ലോ കാരണം സത്യം ജ്ഞാന അനന്തൊക്കെ പറയുന്ന ലോകത്തിൽ പ്രയോഗിക്കുന്ന ശബ്ദങ്ങളാണ് അതിനൊക്കെ ഉപൻഷത്രു വന്നാലും അർത്ഥങ്ങൾ എടുത്തല്ലേ പറ്റൂ പിന്നെ അർത്ഥമില്ലെന്ന് അങ്ങനെ പറയാൻ പറ്റും പറയും അവിടെ വിവക്ഷിതമല്ല അങ്ങനെ അതിൽ എഴുതിയിട്ടുണ്ട് പക്ഷെ ആ അർത്ഥങ്ങളൊന്നും അവിടെ വിവക്ഷിതം അല്ല അത് പിന്നെ എന്തിനു മന്ത്രങ്ങളൊക്കെ പിന്നെന്തിനു വിവക്ഷിതമല്ലെങ്കിൽ ജപത്തിന ജപത്തിന് വേണ്ടിയിട്ടാണ് പുറോക്ഷറുകയാണ് തഥാജ ാത്മിക ചതുർലക്ഷണി ശാരീരിക മീമാംസാര അതുകൊണ്ടാണ് പൂർവകാന്ഡത്തിൽ ജയമനീയ മീമാംസയില് അവിടെ പൂർവകാന്ഡമാണ് അവിടെ വിചാരം ചെയ്തത് സ്വർഗകാമോ തുടങ്ങിയ വാക്യങ്ങളെ സംബന്ധിച്ചാണ് അവിടെ വിചാരം ചെയ്തത് സ്വർഗം എന്താണ് സ്വർഗത്തിലെങ്ങനെ പോവുക അതിനെന്തൊക്കെ ചെയ്യണോ അതിന്റെ വിധികളെ കുറിച്ച് ഇരി കുറിച്ച് എന്തൊക്കെയാണ് അതുകൊണ്ട് എന്താണ് തഥാ താത്മിക ഉപനിഷത്തിന്റെ അർത്ഥത്തെ വിചാരം ചെയ്യുന്ന രൂപത്തിലുള്ളത് ഏതാണ് ചതുരലക്ഷണി എന്ന് വെച്ചാൽ ലക്ഷണമെന്ന് വെച്ചാൽ അധ്യായം ചതുർലക്ഷണമെന്ന് വെച്ചാൽ നാല് അധ്യായങ്ങളുള്ള ഏതാണ് ബ്രഹ്മസൂത്രം അതിനാണ് പറയുന്നത് ശാരീരിക മീമാംസ ഈ നാല് അധ്യായങ്ങളുടെ ഈ ഇത് ആരബ്ദവർവകാന് പറഞ്ഞ് തുടങ്ങിയെടുത്ത് പൂർവകാന്ഡത്തിലെ വാക്യങ്ങളെ കുറിച്ചാ വിചാരം ചെയ്തു അപ്പൊ വേദ വിചാരം അവിടെ കഴിഞ്ഞു ഉപനിഷത്തിന് അവിടെ പ്രത്യേകിച്ച് വിചാരം ചെയ്തില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് ഉപനിഷത്തിന് വിചാരം ചെയ്തില്ല അത് അത് ജമാത്രം ഉപയോഗിയാണ് അപേക്ഷിത സ്വാർത്ഥ അവിടെ പ്രത്യേകിച്ച് അർത്ഥമൊന്നും വിവക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് അത് വിചാരം ചെയ്തിട്ടില്ല പിന്നെ അങ്ങനെ അർത്ഥമില്ലാത്ത ഒന്നിനെ വേണ്ടി ഈ നാലധ്യായുള്ള ബ്രഹ്മസൂത്രം ഉണ്ടാക്കേണ്ട കാര്യം ഇല്ല ഇതാരണ്ടാക്കിയെന്നാണ് വിശ്വസിക്കുന്നത് ബ്രഹ്മസൂത്രം ഇതുവരായിട്ട് ആരും ഉണ്ടാക്കി എന്ന് പറഞ്ഞു അമ്മാനിയാണ് അനുഭവമായത് രസിക്കുക എന്നുള്ള ബ്രഹ്മസൂത്രം വിശ്വാസം ഒരാളാണോ രണ്ടാളാണോ എന്നോ വ്യാപരായണെന്നോ ഒക്കെ പറയണം അപ്പൊ ഇതിന്റെ ആവശ്യമില്ലെന്നാണ് പൂർവക്ഷം പറയുന്നത് കാരണം അധികരണത്തിൽ ഇവിടെ എന്ന് പറഞ്ഞു വിഷയം സംശയം പൂർവക്ഷം വിഷയോ വിശേഷിച്ചയോ പൂർവോക്ഷം തദോത്തരം എന്ന് പറഞ്ഞത് പ്രയോജനം സംഗതിശ്ച യ ജാൻ വിചാരം പ്രയുഞ്ചുജീതോക സർവലോകത്തിനും പ്രസിദ്ധമായിരിക്കുന്ന അഹമനുഭവ സിദ്ധ അഹമനുഭവത്തിലൂടെ സിദ്ധമായ എല്ലാവർക്കും ഉള്ള ഒരു അനുഭവമാണ് എന്തത് സർവ മനുഷ്യർക്കുമുണ്ട് ഞാൻ അഹം എന്ന് വെച്ച ശബ്ദത്തിനുള്ള അവിടെ പ്രാധാന്യം തന്നെ കുറിച്ചുള്ള ബോധം നമ്മളുദ്ദേശിക്കുന്നു തന്നെ എല്ലാവരും അറിയുന്നുണ്ട് അപ്പൊ പൂർവക്ഷ പറയുന്ന എന്താണ് ഈ അനുഭവത്തെക്കുറിച്ച് ഉപനിഷത്തിലൂടെ ചിന്തിച്ച് അത് നിത്യശുദ്ധ ബുദ്ധ മുക്തമായ ബ്രഹ്മമാണെന്നൊന്നും അറിയേണ്ട ആവശ്യം ഇതെല്ലാവർക്കും അറിയാം മഹോന്ന് ഒരു ബോധമാണ് ഇതിനപ്പുറം ഒരു ആത്മാവില്ല ആത്മാന്ന് പറഞ്ഞാൽ എന്താണർത്ഥം ആത്മാവെന്ന് പറഞ്ഞാൽ എന്താ താൻ ആത്മാനം തന്നെ ആത്മനാ തന്നാൽ ആത്മനി തന്നെ താനെന്നാണ് എന്റെ അർത്ഥം ആ ബഹവെന്ന് പറഞ്ഞാൽ എല്ലാരും അറിയുന്നു ആര് താനാണ് അതിൻ്റെ കൂടുതൽ എന്താ അറിയാനുള്ളത് പുറോക്ഷി പറയാണ് സർവജനീന അഹം അനുഭവ സിദ്ധാത്മാ സന്ദിഗ്ധോവ അതിനെ കുറിച്ച് ആർക്കാ സംശയമുള്ള ചർച്ച ചെയ്തതാണ് അഹോന്ന് പറയുന്ന ഈ കാര്യത്തെ കുറിച്ച് ആർക്ക് യാതൊരു സംശയവും ഇല്ല പിന്നെ സപ്രയോജനമായി ഇതിനെ കുറിച്ച് ഇനി കൂടുതൽ ചിന്തിച്ചിട്ടെന്താ പ്രയോജനം കാരണം ഞാൻ എന്നെ അറിയുന്നു എന്നെ അറിഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുകൊണ്ട് ഞാൻ വീണ്ടും സുഖവും സുഖിയും ദുഃഖിയൊക്കെ ആയി തന്നെ തുടരുന്നു പ്രയോജനമില്ലാത്തതും സംശയമില്ലാത്തതുമായിട്ടുള്ള ഈ രണ്ടല്ല ഇത് ഏതാ ജിജ്ഞാസ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് ജിജ്ഞാസക്ക് വിഷയം അറിയാൻ ഇതിനെ ഒന്ന് ആഗ്രഹിച്ചേനെ ജിജ്ഞാസൻ വിചാരം പ്രയുജീത വിചാരം ഉപയോഗമുള്ളതായി തീർന്നേന് എന്നുവെച്ച ആത്മാവനെ എന്താണോ കുറിച്ച് എന്തെങ്കിലും സംശയമോ ഈ ആത്മാവിനെ അറിഞ്ഞിട്ട് പ്രയോജനം ഉണ്ടായിരുന്നു എങ്കിൽ ഏന ഇത് ആഗ്രഹിച്ചിട്ട് അതിനു വേണ്ടി വിചാരം പ്രയുജ്താവിയോ വിചാരം ചെയ്തേന ഇത് പുറകെ അപ്പൊ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ഈ നാല് അധ്യായങ്ങൾ ഇല്ല എല്ലാവർക്കും ആത്മാവ് അറിയാം അഹമെന്ന് അറിയുന്ന എന്തോ അത് തന്നെയാണ് ആത്മാവ് അഹമെന്നറിയുന്ന ആരാ തന്നെ തന്നെ എങ്ങനെ അറിയുന്നു സുഖിയായും ദുഃഖിയായും കർത്താവായും ഭോക്താവായ ആത്മാവ് ഇന്നപ്പുറം ഒരു ആത്മാവില്ല അപ്പൊ ഞാൻ എന്നെ സുഖിയായും ദുഃഖിയായും കർത്താവായും ഭോക്താവായും ഒക്കെ അറിയുന്നു ഞാൻ എന്നെ കുറിച്ച് എങ്ങനെയൊക്കെ അറിയാമോ അങ്ങനെയൊക്കെ അറിയാം ഇതിനപ്പുറം ഒരു ആത്മാവ് കൂടിയേ തീരവും നിർബന്ധം പിടിക്കുന്ന ആരാണോ ൂടി തീരു നിർബന്ധം പിടിക്കുന്നവരാണോ പൂർവം ഞാ മാംസക അവർക്കാണ് ഈ ആത്മാവിന്റെ ആവശ്യം അതെപ്പോഴും ഓർത്തു വയ്ക്കണം ഈ ആത്മാവെന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെ കൊണ്ടുവന്നത് അത് തന്നെ തട്ടിപ്പിന് എപ്പോഴും തട്ടിപ്പിന്റെ ശാസ്ത്രം പറയുന്നു അല്ല ഈ ലോകത്ത് കുറെ കള്ളന്മാരും കൊലപാതക ഇത്രയും പോലീസുകാർ ഇത്രയും കോടതികളും ഇത്രയും സംവിധാനങ്ങളുണ്ടാക്കിയത് എത്ര ലോകം മുഴുവൻ പെരന്ന് നടക്കുന്ന ഇന്റർപോൾ വരെ നല്ല ആൾക്കാരുള്ളുകൊണ്ടാണ് ആണോ അമ്പ കള്ളന്മാരും കൊള്ളക്കാരും തട്ടിപ്പുകാറും ഉള്ളതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ലോകം മുഴുവൻ അക്രമികളും കൊള്ളക്കാരും ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും പട്ടാളക്കാരുണ്ടായി അവർ ഇത്രയും വലിയ ശാസ്ത്രം ഉണ്ടാക്കിയ ആരാണോ ഈ തട്ടിപ്പുകാരന്മാരാണ് ഒരു ആത്മാവിനെ അവർക്ക് ഉണ്ടാക്കിയെടുത്താലേ അവർക്ക് ഈ ഭൂലോക തട്ടിപ്പ് നടത്താൻ പറ്റും ഉണ്ടാക്കി ഇനി അദ്വൈതി എന്തിനാ ഇക്കിപ്പിടിച്ചിരിക്കുന്നത് അത് അവരുടെ കാര്യം തട്ടിപ്പുകാരുടെ കാര്യം എങ്ങനെ അദ്വൈതി എന്തിനാ കിടിച്ചിരിക്കുന്നത് എന്തിനാണ് അവര് പറയുന്നത് നിത്യശുദ്ധ ബുദ്ധ ബുദ്ധ മുക്തമായ ഒരാത്മാവുണ്ട് മറ്റ വേറെയാണെന്ന് എന്ന് പറഞ്ഞ് എന്താണോ അവരുടെ പുതിയ തട്ടിപ്പറ്റേ തട്ടിപ്പ് പറഞ്ഞ് വേദത്തിന്റെ വെള്ള പൂസേന വേദത്തിന് ഇവരിത് ചെയ്യുന്നത് എന്താണ് അതായതിപ്പോ മൊബൈലുകൾ ഇറക്കുന്നില്ലേ ആപ്പിൾ ഒരു മൊബൈൽ ഇറക്കുന്നു സാംസങ് വേറെ ഒന്നും ഇറക്കുന്നു മറ്റേ ഓപ്പോ വേറെ ഒന്നും ഇറക്കുന്നു എന്താ മത്സരിച്ച് മത്സരിച്ച് പുതിയ പുതിയ മൊബൈലുകൾ ഇറക്കുന്നത് ബിസിനസ് നോക്കിയുടെ കാലം കഴിഞ്ഞപ്പം പുതിയത് വന്നു അത് കഴിഞ്ഞ വേറെ വന്നു മത്സരം പുതിയ പുതിയ പ്രൊഡക്ടുകൾ പുറത്തിറങ്ങുമ്പോൾ അതിലൂടെ എന്ത് നടക്കും പുതിയ പുതിയ രീതിയിൽ ബിസിനസ് കണക്കും ഇത് തന്നെയാണ് എല്ലാരും ചെയ്യുന്നത് പഴയ കാലത്തെ സ്റ്റാർട്ടപ്പുകളാണ് ഇതൊക്കെ ഓരോരുത്തരും എന്ത് ചെയ്യുന്നു ഓരോ തരത്തിലുള്ള വിജയ അങ്ങനെ ഓരോ ദർശനങ്ങൾ അവതരിപ്പിച്ചു കഴിയുമ്പം അതിന്റെ ഓരോ ആചാര്യന്മാരായിട്ട് വരും ആ ആചാര്യന്മാർ വരുമ്പം പഴയ ഫ്യൂഡൽ വ്യവസ്ഥയിൽ അവരിങ്ങനെ വരുന്നു അവരുടെ ദർശനത്തെ പറയുന്നു ആൾക്കാർ പോയി സമർത്ഥിക്കുന്നു രാജാക്കന്മാരുടെ രാജ സദസ്സ്യുള്ളവർക്ക് വലിയ വലിയ ചേരുകൾ കിട്ടുന്നു അവരവിടെ ഇരിക്കുന്നു അവർക്ക് സമ്മാനങ്ങൾ കിട്ടുന്നു ദർശനങ്ങൾ പിന്നെ അത് ക്രമേണ ജനങ്ങളുടെ ഇടയിലേക്ക് വ്യാപിക്കുന്നു ജനങ്ങളുടെ മേളവർക്ക് ആധിപത്യം വരുന്നു അപ്പം അതിന് പല വശങ്ങളുണ്ട് ഒന്ന് രാഷ്ട്രീയമായ വശമുണ്ട് സാമുദായികമായ വശങ്ങളുണ്ട് പിന്നെ ആത്മീയമായ വശങ്ങളുമുണ്ട് അതില്ല എന്നുള്ളതല്ല ആത്മീയമായ വശങ്ങളുമുണ്ട് പറയുന്ന ഇറക്കുന്നവരുടെ ബിസിനസ്സാണ് പക്ഷെ ഉപയോഗിക്കുന്നവർക്ക് അതുകൊണ്ട് എന്തുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ ആത്മീയമായ ഗുണങ്ങളുമുണ്ട് അതില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇതൊക്കെ കേട്ട് എന്താണ് താഴ്ന്നെറ്റിത്തുത്തമുക്തനെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ആനന്ദത്തിൽ മനുഷ്യന്റെയും അവന്റെ ദുഃഖങ്ങളൊക്കെ മറന്ന് കുറച്ച് സമയെങ്കിലും ഇരിക്കും അതവൻ്റെ ഒരു സുഖമാണ് ഞാൻ ആത്മാവാണ് എന്റെ കർത്താവും ഭോക്താവും എന്നെ ഒന്നും ബാധിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ എന്തു ചെയ്യും സന്തോഷം സമാധാനം സുഖമൊക്കെ ഉണ്ടാകും ആത്മീയ ഗുണം അപ്പൊ അതുകൊണ്ട് ഇല്ലാതെ ഇല്ല എല്ലാം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുള്ളൊക്കെ തന്നെ ഉപയോഗിച്ച് പഴയ കാലത്ത് പുരോഹിതന്മാര് എന്ത് ചെയ്യുന്നു രാഷ്ട്രീയ സ്വാധീനങ്ങളുണ്ടാകുന്നു ഇത് വിതരണം ചെയ്യുമ്പം അതുകൊണ്ട് സാധാരണ മനുഷ്യർക്ക് കുറച്ച് ആത്മീയസുഖവും കിട്ടുന്നുണ്ട് ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ് എല്ലാം കണ്ണടച്ചുകൊണ്ട് ഇതെല്ലാം ഗുണമാണെന്നോ ഇതെല്ലാം ദോഷമാണെന്നോ പറയാൻ പറ്റില്ല പിന്നത് ഗുണമുണ്ട് ദോഷമുണ്ട് എല്ലാമാണ് അപ്പൊ എന്താണ് പൂർവക്ഷം പറയാന് ഇതിന്റെയൊന്നും ആവശ്യമില്ല സിദ്ധാന്തസ്തു അടുത്ത് പറയും ൈവം യദ്യഹം പ്രത്യ പ്രീ പറയുന്ന ശരിയാവും എന്താണോ ഈ അഹം പ്രത്യം അഹംബോധം പ്രമേയായിരുന്നെങ്കിൽ അഹമെന്ന് ഞാൻ അറിയുന്ന ഈ അനുഭവം ആത്മാവിനെ സംബന്ധിച്ചുള്ള പ്രമേയായിരുന്നെങ്കിൽ ആത്മവിഷയവുമായ പ്രമേയാണെങ്കിൽ നിങ്ങളീ പറയുന്നൊക്കെ ശരിയാണ് എന്നുവെച്ചാൽ ആത്മ അഹോ എന്നുള്ള ഈ അനുഭവത്തിലൂടെ നിത്യശുദ്ധ ബുദ്ധമായ ആത്മാവിനെ അറിഞ്ഞിരുന്നു നിങ്ങൾ ഈ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് പറയുന്നത് ഭവേ ദേദ ദൈവം ഈ പറഞ്ഞതൊക്കെ ശരിയായനെ വേദ ദൈവം ഭവേ നിങ്ങൾ പറഞ്ഞ അതുപോലെ തന്നെ ആയനെ യഹം പ്രത്യേക അഹമെന്ന് പറയുന്ന ഈ ബോധം പ്രമാണം പ്രമേ പക്ഷേ തസേതു ഉക്തേന ക്രമേണ ശ്രുത്യാദി ബാധകത്വ അനുഭവത്തെ പക്ഷേ അഹമെന്ന് പറയുന്ന അനുഭവം ഉണ്ടെങ്കിലും അതിന് ശ്രുതി അനുമാനം ഇതിനൊന്നും അതിനെ ബാധിക്കാനുള്ള കഴിവില്ല അതിന് അതിനേക്കാൾ പ്രബലമാണെന്ത് ശ്രുതി അതായത് ഇവിടെ പൂർവക്ഷി പറയുന്നു അഹമെന്നുള്ള അനുഭവത്തിലൂടെ ആത്മാവിനെ കണ്ടെത്തിയെന്നാണ് പറയുന്നത് അത് ആത്മാവ് എന്താണെന്ന് എവിടെ പറയുന്നു ശ്രുതി അപ്പൊ ശ്രുതി എന്ന് പറയുന്നത് അഹം എന്ന് പറയുന്ന അനുഭവത്തിന്റെ ബാധകമാണ് ശ്രുതിയാണ് പ്ര നേരത്തെ പറഞ്ഞു എന്താണ് ശ്രുതി എന്ന് പറയുന്നത് സ്വതപ്രമാണമാണ് സർവ്വതീർത്ഥകരെയും സർവ ഗുരുക്കന്മാരും സ്വീകരിച്ചിരിക്കുന്ന ഒന്നാണ് ശ്രുതി പ്രമാണം അതുകൊണ്ട് അതാണ് പരമമായ പ്രമാണം അങ്ങനെയുള്ള ശ്രുതി പറയുന്ന ആത്മതത്വം അതാണ് ശരിയായ ആത്മതത്വം അല്ലാതെ ഈ അഹം പ്രത്യേകത്തിലൂടെ അഹമെന്നുള്ള ബോധത്തിലൂടെ അറിയുന്നത് അല്ല എന്നർത്ഥം അഹം എന്ന് പറയുന്ന ബോധത്തിലൂടെ എന്തറിയുന്നു അതിനപ്പുറമൊന്നും ഇല്ല എന്ന് പറയുന്നതാണ് ചർവകന്മാർ പണ്ടത്തെ ചർവകന്മാരും ആധുനിക ശാസ്ത്രജ്ഞന്മാരും അറിയുന്ന പറയുന്നു ഒട്ടുമുക്കാതെ അഹോന്ന് പറയുന്ന ഈ ബോധം ഇതെന്താണ് നമ്മുടെ ശരീരത്തിലുള്ള പല പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടായി വരുന്ന ഒരു ബോധം മാത്രമാണ് ശരീരം എത്ര കാലം ഇങ്ങനെ ഇരിക്കുന്നോ അത്ര കാലം ഈ ബോധം ഉണ്ടാവും ഈ ശരീരത്തിൽ എന്താണ് ബീജാവസ്ഥയിൽ നിന്നും ഈ ശരീരം രൂപപ്പെട്ടു വരുന്നതിനനുസരിച്ച് വികസിച്ച് വരുന്ന ഒരു ബോധമാണ് ശരീരത്തിന്റെ ക്ഷയത്തിനനുസരിച്ച് ഈ ബോധത്തിനും ക്ഷയം വരുന്നു അവസാനം ഈ ശരീരം നശിക്കുമ്പോ എന്ത് ചെയ്യുന്നു ഈ ബോധവും നശിച്ചു പോകുന്നു അല്ല ഇതിനപ്പുറത്ത് ആത്മാവെന്ന് പറയുന്ന കൊട്ടത്തേങ്ങില്ല അഹം എന്ന് പറയുന്ന ബോധത്തിലൂടെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളെ ഉള്ളു പിന്നെന്താണ് ഈ ഒരു ബോധത്തെ വച്ചും കൊണ്ട് ഇങ്ങനെ ശാസ്ത്രങ്ങൾ കെട്ടിപ്പൊക്കി കെട്ടിപ്പൊക്കി കെട്ടിപ്പൊക്കി കെട്ടിപ്പൊക്കി മനക്കോട്ടകൾ കെട്ടിപ്പൊക്കി പൊക്കി പൊക്കി എന്ത് ചെയ്തു ഇതിന്റെ പിന്നിൽ നിത്യശുദ്ധ ബുദ്ധ മുക്തമായൊരാത്മാവുണ്ടെന്ന് തർക്കിച്ച് സമർത്ഥിക്കുകയാണ് അല്ലാതെ അങ്ങനെ ഒരു ആത്മാവുണ്ട് എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള തെളിവുകളും ഇല്ല ഈ പറയുന്ന വാചകപടി അല്ലാതെ ഈ തർക്കങ്ങളല്ലാതെ അതിനെന്താ തെളിവുള്ളത് എന്നാണ് ആര് പറയുന്നത് പഴയ ചാർവാകന്മാരും ആധുനിക ശാസ്ത്രന്മാർ നല്ലൊരു വിഭാഗം ഒന്നുമില്ല പിന്നെ ആകുള്ളതെന്താണ് ഈ ബോധം അഹംന്ന് പറയുന്ന ബോധം അത് എന്താണെന്നുള്ളതിനെ കുറിച്ച് ആർക്കും വലിയ വിവരം ഇല്ലതാണ് പണ്ടത്തെ ആൾക്കാർക്കും ഇല്ല ഇന്നത്തെ ആൾക്കാർക്കും ഈ എങ്ങനെ ഈ ബോധം ഉണ്ടായി വരുന്നു എന്തായാലും അത് ഉണ്ടാകുന്നു നശിക്കുന്നു പറയുന്ന എല്ലാവർക്കും അറിയാം അല്ലാതെ അനുഭവത്തിലുള്ള കാര്യമാണ് ണ്ടാകാതെ നിലനിൽക്കുമോ നശിച്ചാലേ നശിക്കാതെ ഇരിക്കുമോ എന്നൊക്കെയുള്ള കാര്യം തർക്കവിഷയമാണ് അത് മനുഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് പഴയ കാലത്ത് അവർ പഠിച്ചു കഴിഞ്ഞു അവർ പറഞ്ഞു അത് പരമാർത്ഥ സത്യമാണ് ബോധത്തിന് നാശം അതാണ് ആ ഇത് ഞാൻ പറയുന്നത് എവരുടെ കാഴ്ചപ്പാട് എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാടല്ല പഴയകാലത്ത് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു ഇന്ന് ഇങ്ങനെ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ അതുകയാണ് പറയുന്നു പക്ഷെ അഹം എന്ന് പറയുന്ന ഈ അനുഭവം ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന അറിവ് ബാധിക്കുന്നു ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന അറിവിനെ ബാധിക്കാൻ ഇതിന് കഴിയില്ല ഇങ്ങനെ ആകും എന്നറിയുന്നു ശ്രുതി വന്നിട്ട് എന്ത് പറയും അത് സച്ചിദാനന്ദ അപ്പോ ഇവിടെ ഇവർ പറയുന്നത് ഈ അദ്വൈതികൾ പറയുന്നതിന്റെ സാരം ഇതാണ് ഈ അഹോ എന്ന് പറയുന്ന അനുഭവം ഞാനെന്ന അനുഭവത്തിന്റെ പിന്നിൽ സച്ചിദാനന്ദത് എവിടെ നിന്നേ മനസ്സിലാക്കാൻ പറ്റൂ ശ്രുതി അതാണ് പ്രധാനം ശ്രുതി പറഞ്ഞതിന് ഇന്ന് ഓരോരുത്തരെ ഏറ്റുപറയുക ശരി ശ്രുതി ആര് പറഞ്ഞത് ഈശ്വരം പറഞ്ഞു അപ്പൊ അത് ഈശ്വരം െന്ന് പറ ആദിവാസികളുടെ പാട്ടാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന ഈ സച്ചിദാനന്ദര് ആദിവാസികൾ എങ്ങനെയാ അവര് പറഞ്ഞു സച്ചിദാനന്ദിയാ പറയാൻ പറ്റൂ എങ്ങനെയാ പറഞ്ഞത് ഏ ഒരു സാധ്യതയുള്ളത് കഞ്ചാവ് അടിച്ചപ്പോ തോന്നിയായി കഞ്ചാവ് സുര പണ്ടത്തെ പടയരകള് കുമളുകളുണ്ട് ആ യൂട്യൂബിലൊക്കെ കാണാറുണ്ട് ആ അതുപോലെ അടിച്ചു കറങ്ങിട്ട് ആനന്ദംപുരമാനന്ദം ഞങ്ങളുടെ നാട്ടിന്റെ പണ്ട് എന്റെ കുടിയന്മാരുണ്ട് നാട്ടും പുറം ഇപ്പൊ സന്ധ്യ ആവുമ്പോഴത്തേക്ക് ചിലർ ഇങ്ങനെ ഫിറ്റായി വലിയ പാട്ടും പാടി പാട്ടും പാടി ഇങ്ങനെ വരാ ഏടന്നില്ലല്ലോ അറിയില്ല ഇങ്ങനെ അപ്പൊ അവര് ചോദിച്ച ആനന്ദം സന്തോഷം കൊണ്ടാണ് പാട്ടുപാടാൻ എന്തിനാ രാത്രി വേളം വയ്ക്കുന്ന ചോദിച്ചു എന്താണോ സന്തോഷം ഒന്നാമിന്നെ കരയോ പാട്ടുപാടാ എന്നാ അവർ ചോദിക്കുന്നു അതുപോലെ ആണോ എന്ന് എനിക്കറിയത്തില്ല അതിനൊരു സാധ്യതയുണ്ട് ഇല്ല എന്നുള്ളത് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല മനുഷ്യന് ആനന്ദം വരുമ്പം എന്ത് എഴുതാമെന്നോ അല്ല ഇനി വേറൊരു സാധ്യതയുള്ള എന്തെന്ന് വെച്ചാണോ ആൾക്കാരിങ്ങനെ ചിലർക്ക് എല്ലാവർക്കും പറ്റില്ല എന്തായാലും മനുഷ്യന്റെ ഉള്ളിൽ സന്തോഷമുണ്ടല്ലോ ചില സമയങ്ങളൊക്കെ എന്താണോ മനുഷ്യന് സന്തോഷമുണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കാൻ ചില സമയത്ത് മനുഷ്യന് ഉള്ളിൽ ആനന്ദം എപ്പോഴും നമുക്കറിയാം സന്തോഷം ഉള്ളിലാ അങ്ങനെ ഒരു വലിയ ആനന്ദം അവന്റെ ഉള്ളിൽ വരികയാണെങ്കിൽ ആ ആനന്ദത്തിന് അവൻ പേരിട്ടാണ് സ്വച്ഛതാനന്ദം പ്രത്യേകിച്ച് ബാഹ്യമായി ഒന്നും നിമിത്തങ്ങളൊന്നും ഇല്ലാതെ തന്നെ അങ്ങനെ ഉള്ളിലൊരു ആനന്ദം ഉണ്ടാകും അതും പക്ഷേ ഇന്നത്തെ സയൻസ് അതും അംഗീകരിക്കില്ല അവർ നിങ്ങളുടെ ഉള്ളിൽ ആനന്ദം ഉണ്ടാവണമെങ്കിൽ എന്താണ് ദോപ്പിനും പോലെയുള്ള കെമിക്കലുകൾ ന്യൂറോണുകളുടെ പ്രവർത്തനം കൊണ്ടാണ് അല്ലെങ്കിൽ ഹാർമോണുകളുടെ പ്രവർത്തനം കൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിൽ ആനന്ദമുണ്ടാകുന്നത് അത് അവർ കൃത്രിമുമായിട്ട് ആ ഹാർമോണുകൾ നമ്മുടെ ഉള്ളിൽ കിടത്തിവിട്ടിട്ട് നമുക്ക് ആനന്ദത്തെ ഉണ്ടാക്കാനും അവർക്ക് കഴിയുന്നുണ്ട് അപ്പൊ ഈ ആനന്ദം എന്ന് പറയുന്നത് എന്റെ പ്രവർത്തനമാണ് എന്നുവെച്ചാൽ നിങ്ങളുടെ ശാരീരികമായ പ്രവർത്തനങ്ങളുടെ ഫലമാണ് അങ്ങനെ അല്ല ഒന്നും അല്ല എന്ന് പറയുന്നവരും ഇന്നുണ്ട് ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ എല്ലാം വെറുതെ ഉള്ളപ്പോ ബ്രഹ്മ ആനന്ദം എന്നൊക്കെ പറയുന്നത് കെമിക്കലുകൾ കൊണ്ട് ആനന്ദം ഉണ്ടാവുന്നുണ്ടാവും എന്തായാലും കണ്ടുപിടിക്കുമ്പോ ഉണ്ടാവുമല്ലോ അതുപോലെ അങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളുണ്ട് ഇതിനകം പല സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കുക ഈ പറയുന്നതിനൊക്കെ ശ്രുത്യാതി ബാധകത്വ അനുഭത്യം പറയുന്നു ശ്രുതിയൊന്നും ബാധിക്കാൻ അഹംപ്രത്യത്തിന് അഹംബോധത്തിന് കഴിയില്ല ശ്രുത്യാദിപിഷ്ട സമസ്ത തീർത്ഥകരീഷ്ട പ്രാമാണ്യവുമാവ് അധ്യാസം അതുകൊണ്ട് ഈ എന്ന് പറയുന്നത് അഹംബോധം അത് അത് ശ്രുതി അതിനുപ്രമാണമായി സ്വീകരിക്കുന്നില്ല സമസ്ത തീർത്ഥകരേ അല്ല സമസ്ത ഗുരുക്കന്മാർ തീർത്ഥകരന്മാരെന്ന് വെച്ചാൽ ഗുരുക്കന്മാർ അവരും അതിനെന്താണ് പ്രാമാണ്യ അനഭ്യാന പ്രമേയായി സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് എന്താണ് അഹം പ്രതിയും അധ്യാസമാണ് ഗണദ്വീതി പറയുന്നു അഹോന്ന് പറയുന്ന േദാന്ത അവിവക്ഷിതാർത്ഥാഹ അതുകൊണ്ട് ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് എന്താണ് അവിവക്ഷിതാർത്ഥമല്ല എന്നുവെച്ചാൽ അതിനർത്ഥം ഉള്ളതാണെന്നർത്ഥം ഇന്ന അവിവക്ഷിതാർത്ഥക്ഷിതെന്ന് വെച്ചാൽ അർത്ഥത്തിൽ അർത്ഥ താല്പര്യമുള്ളവ ആണ് അങ്ങനെ അല്ല പറയാൻ പറ്റില്ല അതിന്റെ അർത്ഥത്തെ എടുക്കണം അവിടെ സച്ചിദാനന്ദഞ്ഞാൽ സച്ദാനന്ദ ആ അർത്ഥത്തെ തന്നെ എടുക്കണം ഉപചരിതാർത്ഥം ഗുണപ്രയോഗം അങ്ങനെയും എടുക്കാൻ പറ്റത്തില്ല ഹിന്ദു ഉക്തലക്ഷണ പിന്നെ എങ്ങനെയാണ് നേരത്തെ പറഞ്ഞ നിത്യശുദ്ധ ബുദ്ധമുക്തം എന്നാണ് എന്ത് അതിന്റെ അർത്ഥം അതാണ് ഉക്തലക്ഷണം പരമാത്മാ പരമാനന്ദ സ്വരൂപമാണ് ആത്മാവെന്ന് പറയുന്നാണെങ്കിലും അത് തന്നെ എടുക്കണം പ്രത്യേകാത്മാവേഷ മുഖ്യവാർത്ഥ അപ്പോൾ ആ ഉപനിഷത്തുകളുടെയൊക്കെ മുഖ്യമായ അർത്ഥം എന്താണ് പ്രത്യേക ആത്മാവാണ് പൂർവ്വകാന്ഡത്തിൻ്റെ മുഖ്യമായ അർത്ഥം എന്താണ് കർമ്മവും സ്വർഗ്ഗവും പോലെയുള്ള കാര്യങ്ങളാണ് കർത്താവും ഭോക്താവുമായ ആത്മാവും മറ്റുമൊക്കെയാണ് ഇത് മുഴുവൻ ചിന്തകളും പോകുന്നത് വേദത്തെ ആശ്രയിച്ചിട്ടാണ് വേദത്തെ രണ്ട് ഭാഗമായി പിരിച്ചു വെച്ച് പൂർവകാന്ഡം ഉത്തരകാണ്ഡം ഒന്ന് പിരിച്ചു ചെയ്യുന്ന മുഴുവൻ ഉത്തരകാണ്ഡത്തെ ആശ്രയിച്ചിട്ടാണ് ആത്മാവ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും എല്ലാം ഉപനിഷത്തിനെ ആശ്രയിച്ചിട്ടാണ് പൂർവ്വപക്ഷത്തിൽ ഇല്ലാന്ന് പറയും സിദ്ധാന്തത്തിൽ ഉണ്ടെന്ന് പറയും തസ്യ ചക്ഷിമാണേന ക്രമേണ സന്ദിഗത്വ പ്രയോജന യുക്ത ജിജ്ഞാസുണ്ട് ഇനി പറയാൻ പോകുന്ന രീ ആത്മാവിനെ കുറിച്ച് സന്ദേഹമുണ്ട് പിന്നെ ആത്മാവിനെ അറിഞ്ഞുകഴിഞ്ഞാൽ അതിന് പ്രയോജനവും ഉണ്ട് അതുകൊണ്ട് യുക്താ ജിജ്ഞാസ ബ്രഹ്മജിജ്ഞാസ യുക്തം തന്നെ അത് വേണ്ടത് തന്നെയാണ് വിത്യാശയവാൻ ഈ ആശയത്തോടു കൂടി സൂത്രകാര സൂത്രകാരൻ താസം അസൂത്രയെ ആ ജിജ്ഞാസയെ സൂത്രരൂപത്തിലാക്കി എങ്ങനെ അധാതോ ബ്രഹ്മജിജ്ഞാസി അതാണ് ഇവിടുത്തെ ആദ്യത്തെ സൂത്രം എന്താണ് അധാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് ഇതിനെ കുറിച്ചുള്ള വിശദമായ ചർച്ച എന്താണ് ഇതിന്റെ താല്പര്യം